ം ഒൻപത് ഇസ്രയേലെ നീ നിന്റെ ദൈവത്തെ വിട്ട് പരസംഗം ചെയ്തു നടക്കുകയും ധാന്യക്കളങ്ങളിലൊക്കെയും വേഷ്യാസമ്മാനം ആഗ്രഹിക്കുകയും ചെയ്തിരിക്കം ജാതികളെപ്പോലെ ഘോഷത്തോടെ സന്തോഷിക്കരുത് കളവും ചക്കും അവരെ പോഷിപ്പിക്കുകയില്ല പുതുവീഞ്ഞ് അതിലില്ലാതെയാകും അവർ യഹോവയുടെ ദേശത്ത് പാർക്കുകയില്ല യഫ്രൈം മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുകയും അശൂരിൽ വച്ച് മലിനമായത് തിന്നുകയും ചെയ്യും അവർ യഹോവയ്ക്ക് വീഞ്ഞു പകർന്ന് അവരുടെ ഹനനയാഗങ്ങൾ അവന് പ്രസാദമായിരിക്കുകയുമില്ല അവരുടെ അപ്പം അവർക്ക് വിലാപത്തിന്റെ അപ്പം പോലെ ഇരിക്കും അത് തിന്നുന്നവനൊക്കെയും അശുദ്ധനായിത്തീരും അവരുടെ അപ്പം വിശപ്പടക്കുവാൻ മാത്രം അവർക്ക് ഉതകും അത് യഹോബയുടെ ആലയത്തിലേക്ക് വരികയില്ല സഭായോഗ ദിവസത്തിലും യഹോബയുടെ ഉത്സവ ദിവസത്തിലും നിങ്ങൾ എന്തു ചെയ്യും അവർ നാശത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയാൽ മിശ്രയും അവരെ കൂട്ടിച്ചേർക്കും മോഫ് അവരെ അടക്കം ചെയ്യും അവരുടെ വെള്ളികൊണ്ടുള്ള മനോഹര സാധനങ്ങൾ തൂവയ്ക്ക് അവകാശമാകും മുള്ളുകൾ അവരുടെ കൂടാരങ്ങളിൽ ഉണ്ടാകും സന്ദർശനകാലം വന്നിരിക്കുന്നു പ്രതികാര ദിവസം അടുത്തിരിക്കുന്നു നിന്റെ അകൃത്യബാഹുല്യവും മഹാദ്വേഷവും നിമിത്തം പ്രവാചകൻ ഭോഷനും ആത്മപൂർണൻ ഭ്രാന്തനുമെന്ന് ഇസ്രയേൽ അറിയും എഫ്രൈം ദൈവത്തിന്റെ നേരെ പതിയിരിക്കുന്നു പ്രവാചകനോ അവന്റെ എല്ലാ വഴികളിലും വേട്ടക്കാരന്റെ കണിയും അവന്റെ ദൈവത്തിന്റെ ആലയത്തിൽ പകയും നേരിടും ഗിബയയുടെ കാലത്തെന്ന പോലെ അവർ വഷളത്വത്തിൽ മുഴുകിയിരിക്കുന്നു അവനവരുടെ അകർത്തിമോർത്ത് അവരുടെ പാപം സന്ദർശിക്കും മരുഭൂമിയിൽ മുന്തിരിപ്പഴം പോലെ ഞാൻ ഇസ്രയേലിനെ കണ്ടെത്തി അതിവൃക്ഷത്തിൽ ആദ്യമുണ്ടായ തലക്കനി പോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടു ബാൽപയോരിൽ എത്തിയപ്പോൾ അവർ തങ്ങളെ തന്നെ ലജ്ജിംബത്തിന് ഏൽപ്പിച്ചു അവരുടെ ഇഷ്ടദേവനെപ്പോലെ മിളച്ഛതയുള്ളവരായി തീർന്നു എഫ്രൈമിന്റെ മഹത്വം പ്രസവമോ ഗർഭമോ ഗർഭോൽപാദനമോ ഒന്നും ഇല്ലാതാകും എണ്ണം ഒരു പക്ഷിയെപ്പോലെ പറന്നുപോകും അവർ വളർത്തിയാലും ഞാൻ അവരെ ഒരുത്തനും ശേഷിക്കാതെ വണ്ണം മക്കളില്ലാത്തവരാക്കും ഞാൻ അവരെ വിട്ട് മാറിപ്പോകുമ്പോൾ അവർക്കയ്യോ കഷ്ടം ഞാൻ എഫ്രൈമിനെ സോർവരെ കണ്ടെടുത്തോളം അത് മനോഹര സ്ഥലത്തുള്ളൊരു നടുത്തല ആകുന്നു എങ്കിലും യഫ്രൈം തന്റെ മക്കളെ ഘാതകന്റെ അടുക്കൽ പുറത്തു കൊണ്ടു വരും യഹോവി അവർക്ക് കൊടുക്കേണമേ നീ എന്തു കൊടുക്കും അലസിപ്പോകുന്ന ഗർഭവും വരണ്ട മുലയും അവർക്ക് കൊടുക്കേണമേ അവരുടെ ദുഷ്ടതയൊക്കെയും ഗിൽഗാലിൽ സംഭവിച്ചു അവിടെ വെച്ച് അവർ എനിക്ക് വെറുപ്പായി അവരുടെ പ്രവൃത്തികളുടെ ദുഷ്ടത നിമിത്തം ഞാനിനി അവരെ സ്നേഹിക്കാതെ എന്റെ ആലയത്തിൽ നിന്ന് അവരെ നീക്കിക്കളയും അവരുടെ സകല പ്രഭുക്കന്മാരും മത്സരികളത്രെ യഫ്രൈമിന് പുഴുക്കുത്ത് പിടിച്ചു അവരുടെ വേർ ഉണങ്ങിപ്പോയി അവർ ഫലം കായ്ക്കുകയില്ല അവർ പ്രസവിച്ചാലും ഞാൻ അവരുടെ ഇഷ്ടകരമായ ഗർഭഫലത്തെ കൊന്നുകളയും അവർ എന്റെ ദൈവത്തെ അനുസരിക്കായി കൊണ്ട് അവനവരെ തള്ളിക്കളയും അവർ ജാതികളുടെ ഇടയിൽ ഉഴന്ന് നടക്കേണ്ടി